എന്ന് പറഞ്ഞാൽ വാഹനം എന്നാണ് അർത്ഥം വാഹന രൂപത്തിൽ നിൽക്കുന്ന അസുരന് അതായത് നമ്മളിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ ശരീരം ഒരു വാഹനമാണെന്നാണ് ഉപനിഷത്തുകളൊക്കെ പറയുന്നത് നമ്മുടെ ആചാര്യന്മാര് പറയും ഒരു വാഹനം എപ്രകാരമാണ് രണ്ട് ചക്രങ്ങളിൽ ഉരുണ്ടിൽ മുന്നോട്ട് പോകുന്നത് അതുപോലെ ഒരു വാഹനമാണ് നമ്മുടെ ശരീരം ആത്മാനം രഥിനം വിട്ടി ശരീരം രഥമേവച ഈ ശരീരം ഒരു രഥമാണ് ഈ ശരീരം ഒരു വാഹനമാണ് ആരാണ് ഇതിനെ ഓടിക്കുന്നത് ഇതിനെ ഓടിക്കുന്ന ഡ്രൈവറ് ഞാനെന്ന ഭാവത്തോടുകൂടി ഈ ശരീരത്തിൽ അഭിമാനിക്കുന്ന അഹങ്കാരത്തെയാണ് പറയുന്നത് അപ്പോൾ ഒരു വാഹനം വാഹനമാവണമെങ്കിൽ വാഹനവും വേണം ഡ്രൈവറും വേണം വേണമല്ലോ അല്ലെങ്കിൽ പിന്നെ വാഹനത്തിൻ്റെ ആവശ്യമില്ല ഇതുപോലെ ഈ ശരീരത്തിന് പ്രസക്തി ഉണ്ടാവണമെങ്കിൽ ഈ ശരീരത്തിനെയും ഓടിക്കാൻ ഒരു ഡ്രൈവർ വേണം ആരാണ് ഞാന നിങ്ങൾ കണ്ടിട്ടുണ്ടോ മനോഹരമായൊരു ചിത്രം ഭഗവാൻ പാർത്ഥസാരഥിയിട്ട് നിൽക്കുന്ന ഒരു ചിത്രം അഞ്ച് കുതിരകളെ പിടിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നു ആ രഥത്തിൽ പുറകിൽ അർജുനൻ നിൽക്കുന്നു അങ്ങനെ ചിത്രമുണ്ട് എന്താണ് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണിച്ചു വരുന്നത് അവിടെ അഞ്ച് കുതിരകളെന്ന് പറഞ്ഞാൽ നമ്മുടെ അഞ്ചിന്ദ്രിയങ്ങളാണെന്ന് പറയാണ് ഈ ശരീരമാകുന്ന തേരിനെ രഥത്തെ മുന്നോട്ട് നയിക്കുന്നത് അഞ്ചിന്ദ്രിയങ്ങളാകുന്ന കുതിരകളാണ് ആ കുതിരകളെ പിടിച്ചിരിക്കുന്ന കെട്ടിയിരിക്കുന്ന കടിഞ്ഞാണാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ് എന്ന് പറയുന്നത് മനസ്സ് എന്ത് നിശ്ചയിക്കുന്നു മനസ്സ് എന്താഗ്രഹിക്കുന്നു ആ ദിക്കിലേക്ക് ഓരോ കുതിരകളും പോവും ഇപ്പൊ വരുമ്പോൾ നമ്മുടെ മനസ്സ് പറയാനോ ഒന്ന് നോക്കണം എന്ന് കുതിര അങ്ങോട്ട് പോവും അതുപോലെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നാവാകുന്ന കുതിര മനസ്സിങ്ങനെ പറയാനെ രസം കഴിക്കണം അല്ലെങ്കിൽ അച്ചാറ കഴിക്കണം അല്ലെങ്കിൽ പുളിശ്ശേരി കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ നാവാകുന്ന കുതിര അതിലേക്കിങ്ങനെ രുചിയോടുകൂടി നോക്കും കൈ അങ്ങോട്ട് പോവും പിന്നെ അത് നാവിലോ മൂക്കിലോ എവിടെ അവിടെ എത്തിക്കും അത് അല്ല അച്ചാറ മൂക്കിൽ തേക്കില്ലല്ലോ എവിടെ ഇങ്ങനെ ഓരോ കുതിരകൾ നമ്മളെ അങ്ങോട്ട് നയിക്കുന്ന പറയുകയാണ് ഇപ്പൊ ഭാഗവനൊക്കെ പറയുന്നതിനിടയിലും പുറകിൽ ആരെങ്കിലും കല്യാണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് മനസ്സ് അങ്ങോട്ട് പോവും ചെവി പറയുന്ന ഒന്ന് കേൾക്കാരുടെ കല്യാണമാണ് പറയാൻ പോകുന്നത് അപ്പൊ അങ്ങനെയാണ് ഓരോ കുതിരകളുടെയും കാര്യം കടിഞ്ഞാണായിട്ട് മനസ്സ് നിൽക്കുന്നു ആ മനസ്സാകുന്ന കടിഞ്ഞാൻ ആരുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് പറയുന്നു ബുദ്ധിയാകുന്ന ശക്തിയുടെ കയ്യിലാണ് ഇരിക്കേണ്ടത് അതായത് നമ്മുടെ വിവേക കൊണ്ട് നമ്മുടെ മനസ്സിനെ ഏത് സംസ്കാരത്തിലിരുത്താനും ആ തരത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ടുപോകാനും നമുക്ക് സാധിക്കും അപ്പൊ ഇവിടെ ബുദ്ധിയായിട്ട് നിൽക്കുന്നു ഭഗവാൻ കൃഷ്ണൻ പറയാണ് ഭഗവാൻ കൃഷ്ണൻ എന്നാൽ എന്നർത്ഥം ആരുടേതാണ് ഈ രഥം ആ രഥം ഒരു അഹങ്കാരത്തിന്റെ ജീവന്റെയാണ് ആരാണ് ആ ജീവനായിട്ട് നിൽക്കുന്നത് അർജുനനാണ് എന്ന് പറയണം അർജുനനാകുന്ന ഉടമസ്ഥന്റെ ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ ഇതെല്ലാം കൂടി ചേർന്ന ഒരു രഥമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരമാകുന്ന ഈ രഥം എപ്പോ ഡ്രൈവർ വാഹ വാഹനത്തിൽ ഇറങ്ങിപ്പോയോ പിന്നെ ഈ വാഹനം ഓടില്ല രാത്രി ഉറക്കത്തിലേക്ക് കടന്നുപോയാൽ പിന്നെ ഈ വാഹനം നിശ്ചലമാണ് ഇവിടെ രാവിലെ വണ്ടി ഓടുന്നു അങ്ങനെയാണ് നമ്മുടെ ഈ വാഹനത്തിന്റെ കാര്യം അപ്പൊ ഇതൊരു വാഹനമാണെന്നും ഈ വാഹനം ഓടിക്കുന്നവൻ സൂക്ഷ്മമായ ജീവനും മനസ്സും ബുദ്ധിയും എല്ലാം കൂടി ചേർന്നതാണെന്നൊക്കെ ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് എന്നാൽ ആരാണോ ശരീരത്തെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നത് അവരെയാണ് ശകട അസുരന്മാര് എന്ന് പറയാം അസുരൻ പറഞ്ഞാൽ ഒരു ഭാഗം മാത്രം നോക്കി ജീവിക്കുന്നവരാണ് അസുരന്മാർ ഇപ്പൊ നമ്മുടെ സൂക്ഷ്മശക്തികളെ മനസ്സിലാക്കാതെ സ്ഥൂലമായ ശരീരത്തെ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് നമ്മളെ ഒരു ആണായിട്ടോ പെണ്ണായിട്ടോ അച്ഛനായിട്ടോ അമ്മയായിട്ടോ ഭാര്യയായിട്ടോ ഭർത്താവായിട്ടോ മകളായിട്ടോ മകനായിട്ടോ ഒരു ഉദ്യോഗസ്ഥനായിട്ടോ ഇങ്ങനെയൊക്കെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ നമ്മുടെ പേര് ഇടേണ്ടത് നിസ്റ്റർ ശകടാസുരൻ എന്നാണ് കാരണം അത്രയും നമ്മൾ കാണുന്നുള്ളൂ പറയണം അതിന്റെ പിന്നിലുള്ളൊരു ഡ്രൈവറെ നമ്മൾ കാണുന്നില്ല അതിന്റെ പിന്നിലിരിക്കുന്ന ഒരു കൃഷ്ണനെ നമ്മൾ കാണുന്നില്ല എപ്പോൾ നമ്മൾ ആ കൃഷ്ണനിലേക്ക് മനസ്സിനെ തിരിയിക്കുന്നുവോ അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ ശരീരം ഇത്രയും കാലം ഓടിയത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണെന്ന് ഭഗവാന്റെ സാന്നിധ്യമില്ലായിരുന്നുവെങ്കിൽ ഈ ശരീരത്തിന് എന്തിനാണ് ഒരു ശ്വാസം പോലെടുക്കാൻ സാധ്യല്ല അന്തരീക്ഷത്തിൽ എത്രയോ വായുണ്ട് അതിൽ നിന്നെല്ലാം ഓക്സിജനെ മാത്രം ഉള്ളിലേക്ക് എത്തിച്ച് നമ്മുടെ ലങ്സുകളും മറ്റും പ്രവർത്തിപ്പിച്ച് ീ രക്തത്തെ സംക്രമണം ചെയ്ത് ആഹാരത്തെ ദഹിപ്പിച്ച് ഇതൊക്കെ നമ്മളാണോ നടത്തുന്നത് ഇതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ എന്നോ നമ്മൾ തീരുമായിരുന്നു ഹാർട്ടിന്റെ പ്രവർത്തനമൊക്കെ നമ്മളെയാണ് ഏൽപ്പിച്ചതെങ്കിൽ അല്ലെങ്കിലെ മറവിയുടെ ഉസ്താദുകളാണ് നമ്മളൊക്കെ മറവി നമ്മുടെ ഭാഗമാണ് അങ്ങനെ മറവിയില്ല നമ്മളെയൊക്കെ ഈശ്വരനെ അത് എന്നോ ഈ പണി തീരുമായിരുന്നു നമ്മുടെയൊക്കെ എന്തോ ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ലങ്സിന്റെ ഫംഗ്ഷൻ കിഡ്നിയുടെ ഫംഗ്ഷൻ അതുപോലെ പതനക്രിയകൾ രക്തത്തിന്റെ ക്രിയകൾ ഇതൊന്നും ഭഗവാൻ നമ്മളെ ഏൽപ്പിച്ചില്ല ഭഗവാൻ അറിയാൻ നമ്മൾ കൊരുത്തക്കേട് കാണിക്കുന്നുള്ളത് എന്നിട്ടേ നമ്മൾ കൊരുത്തക്കേട് കാണിക്കുന്നു ഏതായാലും ഇങ്ങനെയൊക്കെ ആ സംഗതികളൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി ഭഗവാനാണെന്നൊക്കെ ഒരു ബോധമുണ്ടെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ഏത് വിഷമങ്ങളെയൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്നു പ്രിയാൻ അടുത്ത ഉപാഖ്യാനം പറയുന്നത് അങ്ങനെ കാലം മുന്നോട്ടു പോയി ഭഗവാൻ ഉണ്ണിയായിട്ടിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം അമ്മ ഉണ്ണിക്കിങ്ങനെ മുലപ്പാൽ കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു മടിയിൽ കിടന്ന് ഭഗവാൻ മുലപ്പാൽ കുടിക്കുമ്പോൾ താരാട്ട് പാടിക്കൊണ്ടിങ്ങനെ അമ്മ ഇരിക്കുന്നത് അപ്പോഴാണ് ശകടാസുരൻ വധിച്ചപ്പോ വധിക്കപ്പെട്ടപ്പോ ആരാണ് ഇത്രയും വലിയ ശക്തിയും സിദ്ധനുമായിട്ടുള്ള വല്ല അമ്പാടിയിൽ എന്നാൽ പുഴ നോക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് കംസൻ അടുത്ത ശാസനം കൊടുത്തു അത് ഏറ്റെടുത്ത് തൃണാവർത്തനായിരുന്നു അയാൾ ഒരു കൊടുങ്കാറ്റിന്റെ രൂപത്തിൽ അമ്പാടിയിൽ വന്ന് എവിടെയും കൊടുങ്കാറ്റ് പരത്തിയെന്നാണ് പുടിമണ്ണുകൊണ്ട് അന്തരീക്ഷം മുഴുവൻ നിറച്ചപ്പോ കണ്ണു കാണാതെ ഗോപന്മാരും ഗോപികന്മാരും വീട്ടിൽ ചെന്ന് അഭയം പ്രാപിച്ചപ്പോ ഇവിടെ രഹുണി ദേവി ബലരാമസ്വാമിയും കൊണ്ടെടുത്തു ഓടി എന്താ സംഭവിക്കുന്നതെന്നറിയില്ല അപ്പോഴേക്കും ഭഗവാനെ എടുക്കാൻ വേണ്ടിയിട്ട് തൃണാവർത്തൻ വന്നപ്പോ ഭഗവാന് തോന്നിപ്പാവം എന്നെയല്ലവന് ആവശ്യം പാവ ഈ അമ്മയോട് കൂടിയിട്ട് എന്തിനാ പാവ പൊക്കുന്നത് അതുകൊണ്ട് തന്റെ ശരീരത്തിന്റെ ഭാരം അങ്ങോട്ട് രണ്ടോ മൂന്നോ കിലോ ഉള്ള ഒരു കുട്ടി